ഖക്കരിയ അലഹിസലാം തന്റെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭത്തെപ്പറ്റി ഓർക്കുക എന്റെ രക്ഷിതാവേ എന്നെ ഏകനായി വിടരുതേ ഏറ്റവും നല്ല അവകാശിയാകുന്നത് അള്ളാഹു സുബാൻഹുവ തയാരാ ആകുന്നു